ഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ ഇസ്രയേൽ മക്കൾ എനിക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളെ സംബന്ധിച്ച് അഹരൂനും അവന്റെ പുത്രന്മാരും സൂക്ഷിച്ച് നിൽക്കണമെന്നും എന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കരുതെന്നും അവരോട് പറയണം ഞാൻ യഹോവ ആകുന്നു നീ അവരോട് പറയേണ്ടത് നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളുടെ സകല സന്തതിയിലും ആരെങ്കിലും അശുദ്ധനായിരിക്കുമ്പോൾ ഇസ്രേൽ മക്കൾ യഹോവയ്ക്ക് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ സാധനങ്ങളോട് അടുത്താൽ അവനെ എന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളയണം ഞാൻ യഹോവ ആകുന്നു അഹ്രോന്റെ സന്തതിയിൽ ആരെങ്കിലും കുഷ്ഠരോഗിയോ ശുക്ല സ്രവക്കാരനോ ആയാൽ അവൻ ശുദ്ധനായി തീരും വരെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത് ശവത്താൽ അശുദ്ധമായ യാതൊന്നെങ്കിലും തൊടുന്നവനും ബീജസ്ഖലനം ഉണ്ടായവനും അശുദ്ധി വരുത്തുന്ന യാതൊരു ഇഴജാതിയെ എങ്കിലും വല്ല അശുദ്ധിയുമുണ്ടായിട്ട് അശുദ്ധി വരുത്തുന്ന മനുഷ്യനെ എങ്കിലും തൊടുന്നവനും ഇങ്ങനെ തൊട്ടുതീണ്ടിയവൻ സന്ധ്യവരെ അശുദ്ധനായിരിക്കണം അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയല്ലാതെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കരുത് സൂര്യൻ അസ്തമിച്ച ശേഷം അവൻ ശുദ്ധനാകും പിന്നെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കാം അത് അവന്റെ ആഹാരമല്ലോ താനേ ചത്തതിനെയും പറിച്ചു കീറിപ്പോയതിനേയും തിന്നിട്ട് തന്നെത്താൻ അശുദ്ധമാക്കരുത് ഞാൻ യഹോവ ആകുന്നു ആകയാൽ അവർ എന്റെ പ്രമാണങ്ങളെ നിസാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിപ്പാൻ അവ പ്രമാണിക്കണം ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു യാതൊരു അന്യനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത് പുരോഹിതന്റെ അടുക്കൽ വന്ന് പാർക്കുന്നവനും കൂലിക്കാരനും വിശുദ്ധ സാധനം ഭക്ഷിക്കരുത് എന്നാൽ പുരോഹിതൻ ഒരുത്തനെ വിലയ്ക്കുവാങ്ങിയാൽ അവനും വീട്ടിൽ പിറന്നുണ്ടായവനും ഭക്ഷിക്കാം ഇവർക്ക് അവന്റെ ആഹാരം ഭക്ഷിക്കാം പുരോഹിതന്റെ മകൾ അന്യ കുടുംബക്കാരന് ഭാര്യ ആയാൽ അവൾ വിശുദ്ധ സാധനങ്ങളായ വഴിപാടൊന്നും ഭക്ഷിക്കരുത് പുരോഹിതന്റെ മകൾ വിധവയോ ഉപേക്ഷിക്കപ്പെട്ടവളോ ആയി സന്തതിയില്ലാതെ അപ്പന്റെ വീട്ടിലേക്ക് തന്റെ ബാല്യത്തിൽ എന്ന പോലെ വന്നാൽ അവൾക്ക് അപ്പന്റെ ആഹാരം ഭക്ഷിക്കാം എന്നാൽ യാതൊരു അന്യനും അത് ഭക്ഷിക്കരുത് ഒരുത്തൻ അബദ്ധവശാൽ വിശുദ്ധ സാധനം ഭക്ഷിച്ചു പോയാൽ അവൻ വിശുദ്ധ സാധനം അഞ്ചിലൊരംശവും കൂട്ടി പുരോഹിതന് കൊടുക്കണം ഇസ്രയേൽ മക്കൾ യഹോവയ്ക്കർപ്പിക്കുന്ന വിശുദ്ധ സാധനങ്ങൾ അശുദ്ധമാക്കരുത് അവരുടെ വിശുദ്ധ സാധനങ്ങൾ ഭക്ഷിക്കുന്നതിൽ അവരുടെ അകൃത്യത്തിന്റെ കുറ്റം വരുത്തരുത് ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന യഹോവ ആകുന്നു യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത് നീ അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രയേൽ മക്കളോടും പറയേണ്ടത് എന്തെന്നാൽ ഗ്രഹത്തിലോ ഇസ്രയേലിൽ ഉള്ള പരദേശികളിലോ ആരെങ്കിലും യഹോവയ്ക്ക് ഹോമയാഗമായിട്ട് അർപ്പിക്കുന്ന വല്ല നേർച്ചകളാകട്ടെ സ്വമേധാദാനങ്ങളാകട്ടെ ഇവയിലേതെങ്കിലും ഒരു വഴിപാട് കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അത് മാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ഊനമില്ലാത്ത ഒരു ആണായിരിക്കണം ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത് അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കയില്ല ഒരുത്തൻ നേർച്ച നിവർത്തിക്കായിട്ടോ സ്വമേധാനമായിട്ടോ ഈ ഹോവയ്ക്ക് മാടുകളിൽ നിന്നാകട്ടെ ആടുകളിൽ നിന്നാകട്ടെ ഒന്നിന് സമാധാനയാഗമായിട്ട് അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകുവാൻ തക്കവണ്ണം ഊനമില്ലാത്തതായിരിക്കണം അതിന് ഒരു കുറവും ഉണ്ടായിരിക്കരുത് കുരുട് ചതവ് മുറിവ് മുഴ ചൊറി പുഴുക്കടി എന്നിവയുള്ള യാതൊന്നിനെയും യഹോവയ്ക്ക് അർപ്പിക്കരുത് ഇവയിലൊന്നിനെയും യഹോവയ്ക്ക് യാഗപീഠത്തിന്മേൽ ദഹനയാഗമായി അർപ്പിക്കരുത് അവയവങ്ങളിൽ ഏതെങ്കിലും നീളം കൂടിയോ കുറഞ്ഞോയിരിക്കുന്ന കാളയെയും കുഞ്ഞാടിനെയും സ്വമേധദാനമായിട്ട് അർപ്പിക്കാം എന്നാൽ നേർച്ചയായിട്ട് അത് പ്രസാദമാകയില്ല വരി ചതച്ചതോ ഉടച്ചതോ മുറിച്ചു ആയുള്ളതിനെ നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കരുത് ഇങ്ങനെ നിങ്ങളുടെ ദേശത്ത് ചെയ്യരുത് അന്യന്റെ കൈയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒന്നിനെയും വാങ്ങി നിങ്ങളുടെ ദൈവത്തിന്റെ ഭോജനമായിട്ട് അർപ്പിക്കരുത് അവയ്ക്ക് കേടും കുറവും ഉള്ളതുകൊണ്ട് അവയാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കില്ല യഹോവ പിന്നെയും മോശയോട് അരുളി എന്തെന്നാൽ ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ പിറന്നാൽ ഏഴു ദിവസം തള്ളയുടെ അടുക്കൽ ഇരിക്കണം എട്ടാം ദിവസം മുതൽ അത് യഹോവയ്ക്ക് ദഹനയാഗമായി പ്രസാദമാകും പശുവിനെയോ പെണ്ണാടിനെയോ അതിനെയും കുട്ടിയെയും ഒരു ദിവസത്തിൽ അർക്കരുത് യഹോവയ്ക്ക് സ്ത്രോത്രയാഗം അർപ്പിക്കുമ്പോൾ അത് പ്രസാദമാകത്ത കവണ്ണം അർപ്പിക്കണം അന്ന് അതിനെ തിന്നണം രാവിലെ വരെ അതിലൊട്ടും ശേഷിപ്പിക്കരുത് ഞാൻ യഹോവ ആകുന്നു ആകയാൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ച് ആചരിക്കണം ഞാൻ യഹോവ ആകുന്നു എന്റെ വിശുദ്ധ നാമത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത് ഇസ്രയേൽ മക്കളുടെ ഇടയിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടണം ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവ അകുന്നു നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് മിസ്രൈൻ ദേശത്തുനിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ഞാൻ യഹോവ അകുന്നു